ഓ പ്രവാചകനേ താങ്കളുടെ ഭാര്യമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളായ സ്ത്രീകളോടും അവരുടെ പുറത്തുടുപ്പുകളിൽ നിന്ന് ഒരു ഭാഗം തങ്ങളുടെ മേൽ മറയ്ക്കാൻ പറയുക അവർ തിരിച്ചറിയപ്പെടാനും അങ്ങനെ അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അത് കൂടുതൽ ഉചിതമായിരിക്കും അള്ളാഹു സുബാനഹുവത്ത് ആല ഏറെ പുറുക്കുന്നവനും കരുണാനിധിയുമാണ്